സദാശിവ സമാരംഭം ശങ്കചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പം ബോധാനന്തം കല്യാണം സച്ചിതാനന്തമാത്മജം സിതാനന്ത ഗുരുതാത്മാക്കൾ നമ്മള് അർബുദ പരീക്ഷണത്തില് നിലനിന്നിരുന്ന ഒരാശയം ഒരു ബാഹ്യ വസ്തുവിൻ്റെ പ്രതികരണമാണ് അർബുദ കോശങ്ങളെ സൃഷ്ടിച്ചത് എന്നായിരുന്നു എന്നും അതിൽ അവലംബിച്ച് നടന്നിരുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നൂറ്റാണ്ടുകളോളം നടന്ന പരീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കോശം ആന്തരികമായുള്ള അതിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെയാണ് അർബുദം ഉണ്ടാക്കുന്നത് അത് സ്വപ്രതികരണമാണ് എന്നുള്ള ആധുനിക ുള്ള വഴിമാറ്റം ആ ഭാഗമാണ് പറഞ്ഞു നിർത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടു ധാരയാണ് ഒരേ വൈദ്യശാസ്ത്രം നൂറ്റാണ്ടുകളോളം ഗവേഷണ രംഗത്ത് കോടികൾ ചെലവഴിച്ച് ഈ ലോകത്തിലെ വസ്തുക്കല മുഴുവൻ പരിശോധിച്ച് പുരുഷ വരെ സ്ത്രീയുടെ അർബുദത്തിന് കാരണമാണെന്ന് വരെ പറഞ്ഞ് ആ വഴിയിൽ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി നൂറായിരം ആളുകളുടെ മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തി എന്ത് കഴിച്ചാലും എന്ത് തൊട്ടാലും എന്തിനടുത്തുകൂടെ പോയാലും ക്യാൻസറോജനിക്കാണ് ആ പദാർത്ഥമെന്നും ക്യാൻസറിൻ്റെ സാധ്യത നൂറ് ശതമാനമാണെന്നും ധരിപ്പിച്ചിടത്ത് നിന്ന് വൈദ്യശാസ്ത്രം പെട്ടെന്നൊരു വഴിമാറ്റം നടത്തുകയും ഈ പദാർത്ഥങ്ങളല്ല ക്യാൻസറിന് കാരണം ക്യാൻസർ കോശങ്ങൾ നൂറ് ശതമാനവും തൻ്റെ കോശത്തിൻ്റെ തന്നെ ഒരു പരിണാമമാണെന്ന് തന്നോട് തന്നെയുള്ള തൻ്റെ ഒരു പ്രതികരണമാണെന്ന് എഴുതി വച്ചപ്പോൾ അമ്മാതിരി പഠനങ്ങൾ രംഗത്ത് വന്നപ്പോൾ അതുവരെ നിലനിന്നിരുന്ന സിദ്ധാന്തങ്ങളെ അവലംബിച്ചുള്ള ചികിത്സ തുടരുകയും അതു വഴിമാറാതിരിക്കുകയും അതേ സമയം തന്നെ തന്നെ തന്നെയുള്ള കോശത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് ക്യാൻസർ കോശങ്ങൾക്ക് കാരണമെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുമ്പോൾ എത്രയായിരം ജീവന്മാരെ ചികിത്സയുടെ പേരിൽ അതിൻ്റെ വേദനകളിലൂടെ കൊണ്ടുപോയി എന്നും എത്രയായിരം ജീവികളെ വൈദ്യശാസ്ത്രത്തിന്റെ ഏത് പരീക്ഷണം വന്നാലും അടുത്ത വീട്ടിൽ ബലിബുക്ക് ബലിശിഷ്ടം പൂജിച്ചില്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കാത്ത കോഴിയെ എന്ന പോലെ നിങ്ങൾക്കറിയില്ല എന്ന് തോന്നും നിങ്ങൾക്കറിയില്ലാത്തയാണെന്ന് തോന്നുന്നു പഴഞ്ചൊല്ലങ്ങനെയാണ് വടക്കോട്ടൊക്കെ പോയാൽ കാക്ക പിണ്ഡം എടുത്തില്ലെങ്കിൽ ഉരുട്ടിവെച്ച പിണ്ണം കാക്ക എടുത്തില്ലെങ്കിൽ അകനാള് നോക്കുക എന്നൊരു ഏർപ്പാട് നിങ്ങളുടെ നാട്ടിലില്ലാന്ന് എന്ന് പറഞ്ഞാൽ ആ മരിച്ച ഡേറ്റിന്റെ മറ്റൊരു ദിനം അതിന് കണക്കായി എടുത്തിട്ട് അന്ന് മന്ത്രവാദമൊക്കെ ചെയ്ത് കോഴിയെ വലിച്ചു കീറി പലപ്പുറത്ത് അതിന്റെ രക്തം വീട് മാറി എറിയണമെന്നൊരു ചടങ്ങ് കാക്ക പിണ്ണമെടുക്കാത്തതിന് കോഴിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് ഈ ലോകത്ത് മനുഷ്യന് രോഗം വന്നാൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരുപാട് ജീവജാലങ്ങളുണ്ട് ഇനിപ്പന്നി വെള്ളരി കൊരങ്ങ് മുയല് ഇതിനെയെല്ലാം കൊന്നൊടുക്കിയിട്ട് പരീക്ഷണത്തിനായി കൊന്നൊടുക്കിയിട്ട് ഫലപ്രദങ്ങളായ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ശാസ്ത്രമെങ്കിൽ കുറച്ചെങ്കിലും സമാധാനിക്കാം അതല്ല അല്പം പോലും ഫലപ്രദമായ ഉത്തരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ എത്ര വൈകല്യമാണെന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് പറയാൻ കാരണം നൂറുകണക്കിന് ഈ ജീവജാലങ്ങൾക്ക് മേലാണ് പരീക്ഷണം നടത്തുന്നത് നിങ്ങൾ തലയിൽ തേൽക്കുന്ന ഷാംപൂവും നിങ്ങൾ കണ്ണിലിട്ടിക്കുന്ന മരുന്നുകളും ഒക്കെ ഇമാതിരി പരീക്ഷണത്തിന് ശേഷം വരുന്നവയാണ് തലയിൽ ഷാംപൂ തേൽക്കുമ്പോൾ അത് കണ്ണിലേക്ക് പതിച്ചാൽ കണ്ണ് എത്ര കോൺസെൻട്രേഷൻ വരെ അപകടം ഉണ്ടാക്കില്ല കണ്ണുനീർ വരെ വരും കണ്ണത്ര കാണാതാവും കണ്ണിന് അത്ര കേട് വരും എന്നറിയാൻ ഈ ഷാംപൂ ഒക്കെ നേരിട്ട് ഉച്ചരിക്കുന്നത് മുയലിന്റെ കണ്ണുകളിലും പറ്റുക അവ ചത്തുപോവുകയുമാണ് പറയുക കണ്ണ് നഷ്ടപ്പെടും പിന്നെ ചത്തുപോകും ഓരോ കുപ്പി വാങ്ങിച്ചു തലയിൽ തേർക്കുമ്പോഴും അതിൽ നൂറ് ജീവിയുടെ ഹിംസ കലർന്നിരിക്കുന്നത് നിനക്ക് അറിയില്ലാന്ന് തോന്നി നിനക്കറിയില്ലാന്ന് തോന്നി ഒരാൾക്കും ചാമു തേച്ച് സിൽക്കി ഹെയറുമായിട്ട് നിങ്ങൾ ഓടുമ്പോ നിങ്ങളുടെ ജീവൻ പോലെ പ്രധാനമുള്ള നൂറ് മൊയലുകളുടെ ജീവൻ നിങ്ങൾ തിന്നാനാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് തല തേക്കാനാണ് ഈ കണക്കിന് മൊയലുകളെ കൊന്നത് അതിനെ അന്ധമാക്കിയത് ആ കണ്ണിലേക്ക് കുത്തിക്കുമ്പോഴെല്ലാം അത് വേദനിച്ചതും പിടഞ്ഞതുമെല്ലാം ജീവൻ ഏകമാണെങ്കിൽ ആ കോശകോശാന്തര വ്യാപാരങ്ങളിലെ പരീക്ഷണ നിരീക്ഷണങ്ങൾ അത്രയും നിങ്ങളുടെ കണ്ണുകളിലേക്ക് നിങ്ങളുടെ ജീവനാടികളിലേക്ക് ആവാഹിച്ചെടുക്കുന്ന സമഗ്രമായ ഒരു ശക്തി വിശേഷത്താൽ നിയന്ത്രിതമാണ് ലോകമനസ്സുകൾ മുഴുവനെങ്കിൽ ആധുനിക ശാസ്ത്രത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളും മാനവന് ദുഃഖ മാത്രം നൽകുന്നവയാണ് അറിവില്ലാത്തവരും അജ്ഞന്മാരുമായ ആദിവാസികളോ ജീവനെ വിവരമില്ലാത്ത കാടന്മാരോ പഠിപ്പില്ലാത്ത ഇന്നലത്തെ സർഗചേതനെ അറിയാത്ത മൂഢന്മാരോ അല്ല ഈ പരീക്ഷണങ്ങൾ ഒന്നും നടത്തുന്നത് എന്നുള്ളത് നിർണായകവുമാണ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാനെങ്കിലും പറ്റുന്നത് നിങ്ങളുടെ സംഭവം ഉണ്ടെന്നറിയുമോ നിങ്ങളുടെ രോമം കൊഴിയുമോ എന്നറിയാൻ കൊരങ്ങിന്റെ രോമത്തിലാണ് എത്ര കോൺസെൻട്രേഷനുള്ള രോമം കൊഴിയും രോമം കൊഴിഞ്ഞ കുരങ്ങുകൾ കണ്ണുപോയ മുയലുകൾ നിസ്സാരങ്ങളായ ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പോലും ശാസ്ത്രം ചേതനയോട് സമീപിച്ച ശൈലി കാബാലികന്മാരും കാടന്മാരും പോലും ചെയ്യില്ലാത്തതാണ് അനേക നൂറ്റാണ്ടുകൾ അനേകായിരം ജീവശരീരങ്ങളിൽ പരീക്ഷിച്ചിട്ട് ഉറപ്പോടുകൂടി എഴുതിവെച്ച സിദ്ധാന്തങ്ങളിലൂടെ ശാസ്ത്രം ദീർഘദൂരം സഞ്ചരിച്ചിട്ട് യാതൊരു വിഷമവും ആ ശാസ്ത്ര സത്യത്തെ പറഞ്ഞ് വലിച്ചെറിഞ്ഞു കഴിയുമ്പോൾ ഈ നാടകം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പഠന ആവശ്യം അനിവാര്യമാണെന്ന് വിവരമുണ്ടെങ്കിൽ ബോധ്യമാവേണ്ടതാണ് ശാസ്ത്രത്തിന് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ശാസ്ത്രകാരന് കാരുണ്യമുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞന്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമുണ്ടായ രോഗങ്ങളുടെ നിലയെ അവലംബിച്ചുകൊണ്ട് ശാസ്ത്രം ആഗമിക്കുന്നതിന് മുമ്പുള്ള രോഗനിലകളുമായി താരതമ്യം ചെയ്തും അന്നുള്ളവർ കണ്ടെത്തിയ ഔഷധങ്ങളുടെ രീതിവിധാനങ്ങളെ പഠിച്ചും ഒരു പുത്തൻ സംസ്കൃതി ഉണ്ടാക്കാവുന്നതാണ് അതിൽ സംഭാവന ചെയ്യാവുന്ന രാഷ്ട്രങ്ങൾ അത്രയും കിഴക്കാണ് പക്ഷേ ആ വളർച്ചയ്ക്ക് എതിരി കിഴക്ക് നിന്ന് പടിഞ്ഞാറിൻ്റെ സംക്ഷോഭങ്ങൾ പഠിച്ച ശാസ്ത്രകാരന്മാരുമാണ് മനസ്സിലായില്ല മനസ്സിലായില്ല അങ്ങനെ പറഞ്ഞു വരുന്നത് തല്ലിയേ പോലെ സഹിതം പറയണല്ലോ അതുകൊണ്ടാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ പൗരാണിക ശാസ്ത്രങ്ങൾക്കെതിരായി പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രത്തിലെ പൗരാണിക സങ്കേതങ്ങൾക്കെതിരായി അമേരിക്കയിലെ അമേരിക്കക്കാരായ ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാർ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്നത് അമേരിക്കയിൽ തൊഴിലെടുക്കുന്ന ഇന്ത്യക്കാരായ ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാരാണ് അടുത്തിടെയാണ് അവരുടെ ഓർഗനൈസേഷൻ ആയുർവേദത്തിന്റെ ആഗമനത്തെ എന്ത് വില കൊടുത്തും അമേരിക്കയിൽ ചെറുക്കണമെന്ന് തീരുമാനമെടുത്തത് പത്രത്തിൽ നിങ്ങൾ വായിച്ചതാണ് പത്രം വായിക്കുന്നവരല്ലോ വായിച്ചു ആരെങ്കിലും ഇല്ല ഒരാൾ വായിച്ചിട്ടുണ്ട് രണ്ടുപേരും വായിച്ചിട്ടുണ്ട് അമേരിക്കൻ ഡോക്ടേഴ്സ് അല്ല വായിച്ചില്ല മതൃഭൂമി മനോരമ ഇന്ത്യൻ സ്ട്രസ് ഹിന്ദു വായിക്കുന്ന രീതി ഒന്നുമില്ല ഞാൻ വ്യാഖ്യാനിച്ചൊന്നും പറഞ്ഞല്ല ഡയറക്ടർ എഴുതി പക്ഷെ എഴുതിയ ഹിന്ദുവിന് മാത്രം അത് എഴുതിയവന് വിവരം ഉണ്ടായിരുന്നത് ആ ന്യൂസ് എഴുതിയവൻ ഇന്ത്യൻ ഡോക്സ് ഇൻ അമേരിക്ക ഡിഒ സി അപ്പോസ് വായിക്കുന്നവന് വിവരം ഉണ്ടാകും ഇഷ്ടംപോലെ മനസ്സിലായില്ല രണ്ടു വാർത്തകൾ അടുത്ത കാലത്ത് വന്നത് രണ്ടും "'DOC'' ഡിഒ സി അപ്പോസ്റ്റൊഫിയസാ ശബ്ദശാസ്ത്രം കൊണ്ട് എങ്ങനെ വായിക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കാം ഞാൻ വായിച്ചതല്ല ഒന്ന് ഇംഗ്ലണ്ടില് ക്ഷേത്രത്തിലെ ഭിക്ഷാന്നവും കഴിച്ചു കഴിയുന്നു ഇന്ത്യൻ ഡോക്ടേഴ്സിന് ഒരു വാർത്തയുണ്ടായിരുന്നു വായിച്ചു ഏ അതും ഡിഒ സി അപ്പോസ്റ്റോഫിയസായിരുന്നു പ്രത്യേകിച്ചും അമ്പലത്തിലെ ഭിക്ഷാന്നം കൊണ്ട് കഴിയുന്നു അന്നവും ഡിഒ സി അപ്പോസ്റ്റോഫിയസും വല്ലാത്തൊരു ചർച്ചയുണ്ടായിരുന്നു ഞാൻ കളിയാക്കി പറഞ്ഞതല്ല പത്രക്കാരൻ്റെ എല്ലാ പത്രക്കാരൻ എന്തെങ്കിലും കാണാതെ ഇങ്ങനെയൊന്നും എഴുതി തരാ പത്രക്കാരന്റെ ശൈലിയാണ് അത്ര പരിതാപകരമാണ് അവസ്ഥ കാണിക്കാനാണ് അവിടെ ഡിഒ സി അപ്പോസ്റ്റോഫിയർ ഇവിടെയിട്ടത് എല്ല് പോകുമ്പോൾ ഏത് നായും കുറയ്ക്കുമെന്നുള്ള അർത്ഥത്തിലുമാണ് പത്രക്കാരൻ ആയതുകൊണ്ടാണ് പത്രക്കാരന്റെ ഭാഷ പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്ന് പറഞ്ഞു തരേണ്ടി വരുന്നത് അടുത്ത കാലത്താണോ നിങ്ങള് രണ്ടോ മൂന്നോ പേരെയാകെ വായിച്ചുള്ളൂ പത്രമൊക്കെ വായിക്കുമ്പോൾ ഇത്തരം വാർത്തകളോ കൂടും അല്ല മാറ്റി മാത്രമേ വായിക്കുള്ളൂ ഇതിന് കാരണം അതിന്റെ വളർച്ചയെ അറിയില്ലാത്തത് എങ്ങനെയാണ് പ്രാചീനരായ ആചാര്യന്മാരും പ്രാചീന കുടുംബിനികളും ജീവികളെ ഹിംസിക്കാതെ ഈ ശാസ്ത്ര സത്യങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത് മറ്റൊരു പഠന അനിവാര്യത വേണം എന്ന് പറയുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കണം അല്ലാതെ ഒഴുക്കമട്ടിൽ ഇന്നുള്ളത് തെറ്റാണെന്ന് പറഞ്ഞാൽ പോരാ അബാധ്യത ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കൊണ്ടാണ് പറയുന്നത് എന്ന് സംശയം വേണ്ട ശരകിണങ്ങളിൽ പ്രതിജ്ഞയും ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ശാശ്വതോയം ആയുർവേദ ഭാവസ്വഭാവനിത്യത്വ സ്വഭാവ സംസിദ്ധ ലക്ഷണത്വ എന്ന് പറഞ്ഞിട്ടുണ്ട് ശാശ്വതോയം ആയുർവേദ അനാദിത്വ അനാദിയാണിത് ഭാവസ്വഭാവനിത്യത്വ ഭാവങ്ങളുടെ പദാർത്ഥങ്ങളുടെ ദ്രവ്യങ്ങളുടെ സ്വഭാവം നിത്യമാണ് പദാർത്ഥവും ദ്രവ്യവും പദാർത്ഥ വിജ്ഞാനവും ദ്രവ്യ വിജ്ഞാനവും ആയുർവേദത്തിന്റെ വളർച്ചയിലെ നാഴികക്കല്ലുകളാണ് ഈ രണ്ടും നല്ലപോലെ പഠിക്കുകയും ചെയ്യേണ്ടി വരും അല്ല ഒരാളും വർണ്ണങ്ങൾ ചേർന്ന പദങ്ങൾ പദങ്ങൾ ചേർന്ന വാക്യങ്ങൾ പദത്തിന്റെ അർത്ഥത്തെ പഠനങ്ങൾ പദാർത്ഥം ഒരു പദം ഉച്ചരിക്കുമ്പോൾ ആ ഉച്ചാരണം കൊണ്ട് അന്തരീക്ഷത്തിൽ ആകാശ ധാതുവിൽ പരിണാമം വരുന്നുണ്ട് അതുകൊണ്ട് വിവരമുള്ളവൻ ശ്രദ്ധിച്ച് മാത്രമേ പദങ്ങൾ ഉതിർക്കുകയുള്ളൂ ലോകത്ത് കണ്ണുകാണാത്തതും കാലില്ലാത്തതുമായ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ശബ്ദഗുണമായ ആകാശത്തിൽ വരുന്ന വൈകല്യങ്ങൾ പ്രധാനമാണ് യന്ത്രങ്ങളുടെ ശബ്ദങ്ങൾ വ്യക്തികളുടെ ശബ്ദങ്ങൾ മതനേതാക്കന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ശാസ്ത്രകാരന്മാരുടെയും ശബ്ദങ്ങൾ ആ ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ നടത്തുന്ന മുട്ടേഷനുകൾ അത് ജീവഗണങ്ങളിൽ ഉണ്ടാക്കുന്ന പരിണാമങ്ങൾ ഇത് പദാർത്ഥ വിജ്ഞാനത്തിലെ മുഖ്യശാഖയാണ് ഇന്ന് അത്യന്താധുനികനായ മാനവൻ ഇത്രയധികം ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതിനെ പഠിച്ചു എന്ന് അഭിമാനിക്കുമ്പോഴും അവൻ്റെ ആരോഗ്യശാസ്ത്രത്തിലോ വൈദ്യശാസ്ത്ര രംഗത്തോ അവൻ്റെ കുടുംബജീവിതത്തിലോ അവൻ്റെ ആഹാരത്തിലോ ശബ്ദശാസ്ത്രത്തിൻ്റെ ഈ ഏഴുകൾ പഠനീയമായി തീരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിച്ചു എന്ന് പറയുമ്പോൾ കേൾക്കാനും ഉൾക്കൊള്ളാനും വിഷമമുണ്ടാകുമെന്ന് എനിക്കറിയാം മോളെ പതുക്കെ സംസാരിക്കും നീ അമ്മയാണ് അപ്പുറത്തൊരു ഗർഭിണിയാണ് ഇരിക്കുന്നത് ഓർക്കാതെ നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ച നോക്കുന്നു ആ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാകുമെന്നറിയില്ലേ മര്യാദക്ക് പറയുള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ നിങ്ങൾ പോയിരുന്നു ചീട്ടുകളിലും വഴക്കുമൊക്കെ റബ്ബർ തോട്ടം എന്തെങ്കിലും വഴിയിരിക്കലോ പോയി ചെയ്യും ഈ പരിസരത്തിൽ ഇത് അവിടെ നിന്നും ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലത് എന്ന് പറയുന്ന എത്ര അമ്മൂമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ല കണ്ടിട്ടില്ല എന്നാണ് തരുന്നത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഇല്ല ഒരാൾ പൗരാണികരായ ആളുകൾക്ക് പദാർത്ഥ നന്നായി അറിയാമായിരുന്നു കുടുംബങ്ങളിൽ പോലും ശസ്ത്രക്രിയാ വിദഗ്ധനും സഹകാരികളും ശസ്ത്രക്രിയ വേളയിൽ സംസാരിക്കരുത് എന്നുള്ള നിയമങ്ങളൊക്കെ പൗരാണികമായി ഉണ്ടായിരുന്നു ആധുനിക വൈദ്യശാസ്ത്രത്തിലും ആദ്യകാലങ്ങളിൽ ഇത് പാലിച്ചിരുന്നു ഇന്നതൊക്കെ മാറി അവിടെ നിന്നാ പറഞ്ഞുകൊടുക്കുന്നതും അവിടെ പഠിപ്പിക്കുന്നതും അവിടെ തമാശ പറയുന്നതും അവിടെ നിന്നാണ് തെറിവിളിക്കുന്നതും എല്ലാം വളരെ വിപുലമായ ഒരു ശാസ്ത്ര ശാഖയാണ് സ്വരങ്ങൾ എങ്ങനെയാണ് വ്യഞ്ജനങ്ങൾ എങ്ങനെയാണ് സവർണങ്ങൾ എങ്ങനെയാണ് ഇതിനെയെല്ലാം കുറിച്ചുള്ള പഠനങ്ങളാണ് പദാർത്ഥ വിജ്ഞാനത്തിലെ വലിയ ശാഖ ദ്രവ്യവും ദ്രവ്യം ഭാവദ്രവ്യവും ദ്രവ്യവും അന്ന് രണ്ടുണ്ട് പ്രകാശം ഭാവദ്രവ്യമാണ് ഭാവദ്രവ്യത്തിന്റെ പ്രത്യേകതകൾ എന്താണ് ദ്രവ്യത്തിന്റെ പ്രത്യേകതകൾ എന്താണ് ദ്രവ്യത്തിലെ ഗുണം വിഭാഗം വീര്യം രസം പ്രഭാവം ഇവയൊക്കെ അവലംബിച്ച് വിപുലങ്ങളായ പഠനങ്ങളുണ്ട് അതുകൊണ്ട് ഏത് ആഹാരം ഏത് സമയത്ത് അതായത് ഏത് കാലത്ത് ബാഹ്യകാലമായ രാത്രിയോ പകലോ പ്രത്യേക എഴുതുവിലോ ദിനചര്യയിൽ എഴുതുചര്യയിൽ രാത്രിചര്യയിൽ ഇന്ന ഗുണമുള്ള ഇന്ന വീര്യമുള്ള ഇന്ന വിവാഹമുള്ള ഇന്ന വസ്തുക്കൾ അതിൽ നിന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട് വീടുകളിലൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു ഒരു കാലത്ത് വൈദ്യന്മാർക്കല്ല അറിയുന്നത് അതിനേക്കാൾ കൂടുതലായി അതുകൊണ്ട് വൈദ്യന്മാരുടെ കച്ചവടമൊന്നും വിവരമുണ്ടായിരുന്നതുകൊണ്ട് വീടുകളിൽ നടന്നിരുന്നില്ല വിവരം നഷ്ടപ്പെട്ടാൽ മാത്രമേ കച്ചവടം തകർക്കുള്ളൂ ഒരു സ്ത്രീ അറിയണം ജീവിക്കാൻ തുടങ്ങുമ്പോഴെന്ന് നിർബന്ധമുണ്ടായിരുന്നു ഇപ്പൊ ഒരു ക്വാളിഫിക്കേഷൻ മതി പണിയെടുക്കാതെ ജീവിക്കാൻ പഠിക്കണം പല ദൂഷണം പറയാൻ പഠിക്കണം സീരിയല് കാണാൻ കഴിവുണ്ടാവണം പിന്നെ അവള് പിടിക്കുകയാണ് ഇത്രയുണ്ടെങ്കിൽ അറിവുള്ളവളാണ് മതി പിന്നെ ഇതൊരു സൂപ്പർ കഴിവായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഭർത്താവിനെ വഞ്ചിക്കാൻ സ്ത്രീയും ഭാര്യയെ വഞ്ചിക്കാൻ ഭർത്താവും പഠിക്കണം പിന്നെ അത് പുരോഗതി കഴിവ് ഞാൻ പറയുന്നത് കൂടി കുറഞ്ഞേ ഉള്ളൂന്ന് എൻ്റെ ധാരണ എങ്ങനെയാ തോന്നും ഒന്നും ഇല്ലെങ്കിൽ നമ്മള ഇതിനൊക്കെയാണ് പിള്ളേരെ ഇപ്പൊ പരിശീലിപ്പിക്കുന്നത് അറിയാൻ മേലാത്ത പിള്ളേരുണ്ടായി തള്ളയ തൊന്തവേ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാ ജീവിക്കേണ്ടത് പഴയതല്ല പദാർത്ഥ വിജ്ഞാനത്തെയും ദ്രവ്യ വിജ്ഞാനത്തെയും ഒക്കെ പഠിച്ച് അതിന്റെ കർമ്മ കർമ്മം സ്വഭാവം സ്വരൂപം അതിന്റെ ഗുണം ഇവയൊക്കെ അവലംബിച്ചാണ് അവർ ഗവേഷണം നടത്തിയതും കണ്ടെത്തിയതും അത് സാർവലൗകികവും സാർവകാലികവുമായിരുന്നു ദ്രവ്യമെടുത്തു സ്ഥൂലമായ ഒത്തിൽ പരീക്ഷിക്കുമ്പോൾ ബലം കിട്ടിയത് ആ വസ്തു ആ ഫലം എല്ലായ്പ്പോഴും തരുമെന്ന് ഉപയോഗിച്ച സമയത്തിന്റെ പ്രത്യേകത കൊണ്ട് കിട്ടിയ ബലം വസ്തുവിന്റെ സ്വഭാവമല്ല കാലസ്വഭാവമാണ് അതുകൊണ്ട് ശാസ്ത്രം അവിടെ തെറ്റുമെന്ന് പ്രാചീന ആധുനികരല്ല വസ്തു നിലകൊള്ളുന്ന ദേശത്തിന്റെ പ്രത്യേകത കൊണ്ട് ആ ദേശത്തിൽ ആധിക്യേന പ്രവർത്തിക്കുന്ന വസ്തുക്കൾ വസ്തു നിവർത്തിയില്ലാതെ വലിച്ചു ഒരു റിസൾട്ട് തന്നാൽ ആ വസ്തുവിന്റെ സ്വഭാവം ദേശസ്വഭാവമാണ് ആ വസ്തുവിനെ ഉപയോഗിക്കുന്ന സമയത്ത് കഴിച്ച ഒരു ആഹാരം കൊണ്ട് ണെങ്കിൽ അത് വസ്തുവിൽ തെറ്റിദ്ധരിക്കും ശാസ്ത്രകാരൻ ഉപയോഗിക്കുന്നവൻ്റെ മനസ്സാശ്രയമെന്ന നിലയിൽ വസ്തുവിൽ പരിണമിക്കുമെങ്കിൽ അത്തരം ഒരു പരീക്ഷകൻ നടത്തിയപ്പോൾ കിട്ടിയ റിസൾട്ട് മറ്റൊരു പരീക്ഷകൻ നടത്തിയാൽ കിട്ടുകയില്ലാത്തതുകൊണ്ട് അത് വസ്തുവിൻ്റെതല്ലോ ചെയ്യാൻ പറ്റുമോ ഏ തോന്നുന്നുണ്ടോ മൂന്ന് സ്ത്രീകൾ മൂന്നവിയൽ വെക്കുമ്പോ ഒരേ പച്ചക്കറികൾ കൊണ്ടും സാധനം കൊണ്ടും മൂന്ന് പേരും ഒരേ വസ്തുക്കൾ എടുത്തവിയൽ വെക്കുമ്പോഴും ഒരേ പാത്രം തന്നെ ഉപയോഗിക്കുമ്പോഴും മൂന്നവിയലിനും മൂന്ന് സ്വാദ് ഉണ്ടാകുന്നത് വസ്തുവിന്റെ സ്വഭാവം കൊണ്ടല്ല ആശ്രയം എന്ന പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുമോ ഏ ഉണ്ടാവുമോ ശരിക്കും ആലോചിച്ചിട്ടാണോ അങ്ങനെയാണ് ശാസ്ത്രലോകത്തും ഈ ഗതീയതയുണ്ട് അതുകൊണ്ട് ശാസ്ത്രം കേവലമായിരിക്കണമെങ്കിൽ ഭൗതിക പരീക്ഷണങ്ങൾ പര്യാപ്തമല്ല ഭൗതിക പരീക്ഷണങ്ങൾ കുറ്റമറ്റതല്ല ഭൗതിക പരീക്ഷണത്തിൻ്റെ പേരിൽ ജീവികളെ കൊന്നുകളയേണ്ട ആവശ്യമില്ല കുറെ ജീവികളെ കൊന്നു എന്നുള്ളത് കൊണ്ട് കണ്ടെത്തിയ ഔഷധങ്ങളൊന്നും ഔഷധങ്ങളല്ല അവരുപയോഗിക്കുന്നത് കൊണ്ട് ഫലമുണ്ടാകണമെന്നില്ല കുറ്റമറ്റ ഒരു പരീക്ഷണ രീതി അതിലുപയോഗിക്കുന്ന ദ്രവ്യത്തിന്റെ സ്വഭാവത്തിൽ അതിൻ്റെ വീര്യത്തിൽ അതിൻ്റെ ഗുണത്തിൽ അതിൻ്റെ വിഭാഗത്തിൽ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുള്ള ഘടകങ്ങൾ ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് അപ്പോൾ പരീക്ഷണം വീര്യത്തെയും വിഭാഗത്തെയും യും ഒക്കെ ആസ്പദമാക്കി മാത്രമേ വേണ്ടു വസ്തുവിന്റെ കർമ്മ സ്വഭാവത്തെ ആസ്പദമാക്കിയേ വേണ്ടു ഒരു തള്ള വെണ്ടയ്ക്ക പഠിച്ചു കൊടുക്കുന്നത് കുട്ടിയുണ്ടാകാത്ത മകന് ബീജശേഷി ഉണ്ടാകുവാൻ പിഞ്ചു വെണ്ടയ്ക്ക പഠിച്ചു വേവിക്കാതെ കൊടുക്കുന്നത് അരിഞ്ഞ വെണ്ടയ്ക്കയും കാണുന്ന ധ്യാപകരൂപത്തിലുള്ള പദാർത്ഥത്തിന് മകനിൽ പ്രവൃദ്ധമാകുന്ന കപത്തോട് സാമ്യമുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർ സംശയിക്കുന്നതിന് ആക്ഷൻ ഉണ്ടാകുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അവർ തീരുമാനിക്കുന്നത് ഞാൻ കണക്ക് കൂട്ടിയത് ശരിയാണ് പ്രകൃതിയും അവരും തമ്മിലുള്ള ബന്ധത്തിൽ ഇതിന് നൂറ് എരിപ്പന്നിയെടുത്ത് ഗണ്ടയ്ക്കാ തി പരീക്ഷിക്കണ്ട വയച്ചുള്ളിയുടെ അരിയെടുത്ത് വെള്ളത്തിലിടുമ്പോൾ അത് കുതിരുമ്പോൾ കപം പോലെ പശയുള്ള ഒരു ദ്രാവഥമായി മാറും കപത്തോട് സാമ്യമുള്ളതും ശുക്ര സാമ്യമുള്ളതുമായ ഈ പദാർത്ഥത്തിന്റെ രൂപമാണ് വീട്ടിലെ പ്രായമെത്തിയ തള്ളയെ മകൻ ഇത് പൊടിച്ചു കൊടുക്കുവാനോ പ്രേരിപ്പിച്ചതെങ്കിൽ അത് കർമ്മജമാണ് പരീക്ഷണതുകൊണ്ട് വളരെ എളുപ്പമാണ് വനംകുലയോ വെള്ളം പോലും ഇല്ലാതെ വേനൽക്ക് വളരുന്ന കറ്റാർ മഴ കഴിഞ്ഞ് നല്ല വെയിലത്ത് പാറകളിൽ പോലും പടർന്നു കയറുന്ന കയ്യമോ തൂങ്ങിക്കിളക്കുന്ന ആളിന്റെ വീട് പേരോ കാണുന്നൊരമ്മ അതരിഞ്ഞുകൊണ്ട് എണ്ണ കാച്ചി മകളുടെ മുടി വളരാൻ തേൽപ്പിക്കുന്നത് അതിന്റെ സ്വഭാവത്തിൽ നിന്ന് പഠിച്ചതാണ് ഈ നിരീക്ഷണമാണ് പദാർത്ഥത്തിന്റെ ഘടനാവൈചിദ്ധ്യം മനസ്സിലാക്കാൻ ബയോ കെമിസ്ട്രിയിൽ അതിന്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ വേർതിരിച്ചെടുത്ത് നിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രിയെയും ബയോ കെമിസ്ട്രിയെയും മോളിക്കുലർ ബയോളജിയെയും എല്ലാം ചേർത്ത് വെച്ച് നടത്തുന്ന നിർണായക പരീക്ഷണവും അതിൽ കൊന്നെടുക്കുന്ന ജീവജാലങ്ങളെ ചിന്തിക്കാതെ മാനവൻ പുരോഗമതിയിലേക്ക് തെറ്റിദ്ധരിച്ച് പണം കൊടത്തുകയും ചെയ്യുമ്പോൾ ആ നിരീക്ഷണത്തെക്കാൾ ഉത്തമവും ഉദാത്തവുമായ ഒരു നിരീക്ഷണമാണ് പ്രകൃതിയിൽ സ്വഭാവത്തെ നിരീക്ഷിച്ചിട്ട് സംശയ എടുത്തു കൊടുത്ത് ബലം കാണുന്ന പ്രാചീന്റെ അന്ധക്കരണത്തിലുള്ളത് ഞാൻ പറഞ്ഞു വെക്കുന്നത് അത്രയും നിങ്ങളുടെ പുരോഗതി ഹിംസാത്മകവും ശുദ്ധഘോഷമാണെന്നാണ് യോജിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെന്ന് അറിയാതെയാണ് നിങ്ങൾ പലപ്പോഴും തലകുലിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നു നിങ്ങളെ കൊണ്ട് തലകുലിപ്പിച്ചൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനൊന്നുമല്ല ഞാനിത് പറയുന്നത് അതുകൊണ്ട് തന്നെ ആലോചിച്ച് കുലിക്കിയാൽ മതി എനിക്ക് പഠ്യമാവുമെന്ന് തോന്നുന്നില്ല ഞാൻ പറയുന്നു മനസ്സിലാവുന്നുണ്ട് എനിക്ക് വീണ്ടും വീണ്ടും സംശയമുള്ളതുകൊണ്ടാണ് ഞാനീ പൊടിക്കൈയൊക്കെ പ്രയോഗിക്കുന്നത് എനിക്ക് വല്ലാത്തൊരു സംശയമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പിന്നെയും പിന്നെയും അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം ീ സത്യങ്ങളെ കണ്ടെത്തിയത് ഹിംസാലോലമായ ഒരു മനസ്സോടുകൂടിയല്ല അതിലോലവും സമഗ്രവും സമയോചിതവുമായ ഒരു ശുദ്ധ ബുദ്ധി അതുകൊണ്ട് അവയൊക്കെ കാലത്തെ വെല്ലുമാറ് നൂറ് ശതമാനം നിൽക്കുമ്പോൾ നിങ്ങൾ അലങ്കരിക്കുന്ന നിങ്ങളുടെ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ താൽക്കാലികങ്ങളും നഷ്ടപ്രായങ്ങളും ഉപദ്രവകരങ്ങളും ഹിംസാരൂപങ്ങളുമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പുതിയ ചിന്താരീതി ശാസ്ത്രരംഗത്ത് തുടങ്ങേണ്ടിയിരിക്കുന്നു അതിന് തുടക്കം കുറിക്കുവാൻ ഒരുപക്ഷെ കഴിയുക പൂർവ്വദേശത്തു നിന്നായിരിക്കാം കാരണം അവിടെയാണ് ഈ പ്രാചീന പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ളത് ഇന്ത്യയും ചൈനയും ഫിലിപ്പൈൻസും ജപ്പാനും ഒക്കെ അടങ്ങുന്ന ദേശങ്ങളിൽ ഏതാണ്ട് റഷ്യ വരെ മാനവ ഇതിഹാസങ്ങൾ ജീവജാലങ്ങളെ അംഗീകരിച്ചിട്ടുള്ളതും പ്രകൃതിയുടെ താളാത്മക തകർക്കരുതൽ എന്ന് വിശ്വസിച്ചിട്ടുള്ളതും ഈ ദേശങ്ങൾ തന്നെയാണെന്നാണ് എൻ്റെ ധാരണ ശരിയല്ല അതുകൊണ്ട് മാനവന്റെ ആത്മാവ് ശരീരം ഇന്ദ്രിയങ്ങളെ സമഗ്രമായി പഠിക്കുന്നതും സകല ദ്രവ്യങ്ങളുടെയും ഗുണപരങ്ങളായ കാര്യങ്ങൾ പഠിക്കുന്നതും മറ്റു ജീവകഞ്ചാലങ്ങളിൽ എത്രത്തോളം ശബ്ദസ്പർശ രൂപ രസഗന്ധാധികൾ വാസ്തനാരൂപങ്ങളിൽ ആഹാരൂപണ കടന്നുകൂടുമെന്ന് ആലോചിക്കുന്നതും ഒക്കെ ഈ തരുണത്തിൽ ഉചിതവുമാണ് ഇവിടെയാണ് ഒരു പട്ടിയുടെയോ ഒരു പതിയുടെയോ കർണാർബുദമോ ഒരു പശുവിൻ്റെ യകൃതാർബുദമോ ഉത്തമനായ ഒരു പതോളജീ വിദഗ്ധന് നൽകി നോക്കിയാൽ അയാളത് മനുഷ്യൻ്റെതിൽ നിന്ന് വേറെ തിരിച്ചറിയുന്നില്ല എങ്കിൽ വൈദ്യശാസ്ത്രത്തെ ഇന്നും ശക്തമായി ഭരിക്കുന്ന അനിശ്ചിതത്വമാണെന്ന് പറഞ്ഞതുപോലെ അർബുദ കോശം പട്ടിയുടെ ശരീരത്തിൽ വളർത്തിയെടുത്ത ഒരു അർബുദ കോശത്തെ കട്ട് ചെയ്തെടുത്ത് ഒരു പന്നിയുടെ ശരീരത്തിൽ വളർന്ന ഒരു അർബുദ കോശത്തെ കട്ട് ഒരു പശുവിന്റെ ശരീരത്തിലെ അർബുദ കോശം മുറിച്ചെടുത്ത് ഒരു പതോളജി കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് മനുഷ്യ ശരീരത്തിലെ അർബുദ കോശത്തിൽ നിന്ന് അത് വ്യത്യസ്തപ്പെടുന്നില്ല എന്ന് അയാൾ എങ്ങാനും പറഞ്ഞു പോയാൽ പറയുക തന്നെ ചെയ്യും ശങ്ക വേണ്ട ഇത്രയും പുരോഗമിച്ചു നിൽക്കുന്ന വൈദ്യശാസ്ത്രത്തിന് അതിന്റെ അന്തർധാരണന്ന് കാണാം അർബുദ കോശത്തെ കണ്ടിച്ചെടുത്തു കൊടുത്താൽ മാമൽസിന്റെ ഏതെങ്കിലും കണ്ടിച്ചു അതിന്റെ കോശാന്തര പഠനം നടത്തുമ്പോൾ സംശയിക്കുകയോ